um <sighs> പ്രതിപത്തിസ പ്രഗൽഭവാചാജനന്മസ്തൃ the... തമോ ദ്രവ്യം രൂപവത്വ എന്ന് പറഞ്ഞു പറയുന്നു തമോ ദ്രവ്യം ക്രിയാവത്വ തമസിന്റെ ആ ക്രിയാന്ന് പറയുന്നത് സ്വാഭാവികമായ ക്രിയ അല്ല അതൊരനുകരണമാണ് എന്ന് പറഞ്ഞു മറ്റൊന്നും ദ്രവ്യത്തിന്റെ ക്രിയ ഇങ്ങോട്ട് അനുകരിക്കുന്നതാണ് അമ്പ്രന്നും ഇനി അനുകരിച്ചതെന്ന് തന്നെ ഇരുന്നോട്ടെ അനുകരിച്ചാലോ അതിൻ്റെ സ്വാഭാവിക ക്രിയയ്ക്ക് ദോഷമൊന്നും വരത്തില്ല കാരണം സുവർണം തേജസമാണ് അതിൽ കാണുന്ന പതനക്രിയ എന്ന് പറയുന്നത് തേജസ്സിൻ്റെതല്ല അത് ദുവ്യ ദുരൂപംഭം കൊണ്ട് സംഭവിക്കുന്നു അതങ്ങനെ കാണുന്നു എന്ന് വിചാരിച്ച് തേജസ്സായ സുവർണത്തിൽ സുവർണ്ണ തേജസ് ആയതുകൊണ്ട് ക്രിയയില്ലെന്ന് പറയാൻ പറ്റില്ല സ്വന്തമായ ക്രിയ കാരണം അതുള്ളതാണ് എന്ന് പറഞ്ഞു സ്വാഭാവികം ചലനം അനിരുദ്ധിതേ സ്വാഭാവികമായ ചലനത്തിന് ഇതില്ലാതാക്കുന്നില്ല ും ചെയ്തം അനുവിധാനം ആൾ ചോദിക്കും നിങ്ങൾ ഈ അനുകരണം എന്ന് പറയുന്നത് എന്താ ഈ അനുകരണം മറ്റൊരു ക്രിയയെ അനുകരിച്ചിരിക്കുന്നത് എന്താണ് ഈ അനുകരണം ആലോക ആവരക ആതപത്രാദ്യ അനുവിധാനം എന്തിനെയാണ് തമസിലെ ക്രിയ അനുകരിക്കുന്നത് പ്രകാശത്തെ തടയുന്ന ആതപത്രം അതിൻ്റെ ക്രിയയാണ് ആതപത്രം എന്ന് പറഞ്ഞാൽ കൂടെ ഒരാൾ നമ്മൾ കുടയും പിടിച്ച് ഇങ്ങനെ പോകും കുടയും പിടിച്ച് പോകുമ്പം ഇരട്ട് നമ്മുടെ വന്നേ പറ്റൂ അല്ലേ ഇരട്ടും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ ഇരുട്ട് സഞ്ചരിക്കുന്നില്ല പറ്റും കുട പിടിച്ചുകൊണ്ട് പോകുമ്പം കൂടെ വരുന്നു ഇരട്ടെന്ന് അപ്പോൾ അത് ഏതുപോലെ വരുന്നു കുട വരുന്നത് പോലെ അല്ലേ അപ്പം കുടയിലെ ക്രിയ താൻ ജലിക്കുന്നു തൻ്റെ കയ്യിലിരിക്കുന്ന കുട ജലിക്കുന്നു കുടയിലെ ക്രിയക്കനുസരിച്ചുള്ള ക്രിയാണ് അവിടെ കാണുന്നത് തമസി കാണുന്നു അപ്പം മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കുട സൈഡിലോട്ട് തിരിച്ചാൽ വലത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ട് തിരിച്ചാൽ എല്ലാം തമസം ഇടത്തും വലത്തും അപ്പോൾ ക്രിയ അനുസരിച്ച് തമസിലും ക്രിയ വരുന്നു ഇതാണോ നമ്മൾ പറയുന്നത് അനുകരണം എന്ന് ആദ്യത്തെ ചോദ്യം കിം ആലോക ആവരക ആലോകത്തെ ആവരം ചെയ്യുന്ന ആദപത്രാദ്യ അനുവിധാനം അതിനെ അനുവിധാനം ചെയ്യണോ അനുകരിക്കുകയാണ് കിം വ നിവർത്തക പ്രതീപാദ്യ അനുവിധാനം രാത്രി ഇരട്ടത്ത് ചൂട്ട് ചൂട്ട് കട്ടി കൊണ്ടുപോവുകയാണ് പഴയകാലത്ത് പണ്ട് ഓല കെട്ടി തീ അതിൽ പിടിപ്പിച്ചാണ് ആൾക്കാർ നാട്ടിൻപുറത്തൊക്കെ സഞ്ചരിക്കുന്നു ടോർച്ചാൽ ശരി അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്തു ചെയ്യുന്നു ടോർച്ച് മുന്നോട്ടടിച്ചാൽ അവിടെ തേട്ടു ഇടത്തോട്ടടിച്ച അവിടത്തെ ഇട്ടു പിറകോട്ടടിച്ച അവിടത്തെ ഇരിട്ടു പേടിയുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറ പുറകിലോട്ട് അടിച്ചു നോക്കാറുണ്ട് എങ്ങോട്ടടിച്ചാലും എന്ത് വരുന്നു ഇരട്ട് മാറുന്നു അവിടെ ലൈഫ് അതിലും നല്ലത് ഒരു ദാഹ് കയ്യിലൊരു വിളക്കും പിടിച്ചുകൊണ്ട് നടക്കുന്നു നിലവിളക്ക് അണയാതെ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഇരട്ട് മാറുന്നു പിന്നിൽ പിന്നിൽ വരുന്നു അങ്ങനെ ഇരട്ടിനെ നശിപ്പിക്കുന്ന വെളിച്ചത്തെയാണോ ഇരുട്ട് പിന്തുടരുന്നത് അനുകരിക്കുന്നത് എന്നാണ് നിവർത്തകം നിവർത്തകം എന്ന് പറഞ്ഞാൽ തമോ നിവർത്തകം നിവർത്തകമായ പ്രദീപാദ്യ അനുവിധാനം ദീപത്തെയും മറ്റും അനുവിധാനം ചെയ്യുന്നതാണോ അനുകരിക്കുന്നതാണോ എന്നാ കൊട പോകുന്നതനുസരിച്ച് തമസ് പോകുന്നില്ല എന്ന് ശരിയില്ല എന്തുകൊണ്ട് നിശ്ചലേപ്പി അചലാതോ ചലന ഉലംബ നിങ്ങൾ പറയുന്നു ആവരകമേതോ അതിനനുസരിച്ച് തമസ് ചലിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രഭാതത്തിൽ ആദിത്യനിങ്ങനെ ഉദിച്ചു വരുന്നു കിഴക്കൊരു മലയാണ് മലയുടെ അപ്പുറത്തു നിന്നാണ് ആദിത്യ ഉദിച്ചു വരുന്നത് അവിടെ പ്രകാശത്തിന്റെ ആവരകം എന്താണ് മല അത് ചലിക്കാതെ തന്നെ മാറുന്നുണ്ടോ ആകത്തിലെ ക്രിയ കൊണ്ട് അത് തന്നെ ആവരകത്തിലെ ക്രിയ കൊണ്ട് തമസ് മാറുന്നു എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിശ്ചലമായ പർവ്വതം ഉം നിക്കേ എന്തു ചെയ്യുന്നു തമസ് ഇത് അന്ന് പറയാ ഇന്ന് പറയാൻ പറ്റൂ എന്തുകൊണ്ട് ഇത് പർവ്വതം ചലിക്കുന്നോണ്ടാണ് പക്ഷെ അന്ന് ബോധമില്ലായിരുന്നു ബുദ്ധിമാന്മാരായിരുന്നു പക്ഷെ ഭൗതികവിജ്ഞാനം ഉണ്ടായിരുന്നില്ല ഇന്ന് തോമസ് ചലിക്കുന്നത് പർവ്വതം ചലിക്കുന്നോണ്ട് തന്നെ ഭൂമി കറങ്ങുന്നോണ്ടാണ് ഇങ്ങനെ വരികയാണ് കിഴക്ക് മാറി മാറി മാറി വരികയാണ് പക്ഷെ പണ്ടങ്ങനെ ഒരു ധാരണയായി പർവ്വതത്തിന്റെ പേര് തന്നെ എന്താണ് അച്ചലമൊന്നാണ് പിന്നെ അത് ചലിക്കത്തില്ല അപ്പൊ പർവ്വതം നിശ്ചലമായി നിൽക്കുന്നു അപ്പോൾ നെല്ല് മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ നിശ്ചലമായി പർവ്വതം നീക്കാൻ നെള്ളങ്ങനെ മാറും അപ്പൊ ഏതിനെയാണോ അത് അനുകരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് ആപരകം പ്രകാശത്തിന്റെ മറ അതിൽ ചലനമില്ലാതെ തന്നെ ഇരുട്ട് ചലിക്കുന്നു ഇതാണ് അപ്പോ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുമ്പം ഭൗതികമായ ദൃഷ്ടാന്തങ്ങൾ എടുക്കുമ്പം ആ ഭൗതികമായ അറിവ് ശരിയല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം വരുന്ന വിപരീതമായി അന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര അറിവേ ഉള്ളൂ അങ്ങനെ പർവ്വതം ചലിക്കുന്നു എന്നുള്ള അറിവെന്ന് മനുഷ്യനില്ല അതുകൂടെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെ വിവരമൊക്കെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ബുദ്ധിമാന്മാരാണ് അവർക്ക് പോലും അറിയത്തില്ല എന്താണ് ഭൂമി കറങ്ങുന്നു എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ബുദ്ധിമാന്മാരാണ് സർവ്വശാസ്ത്ര പണ്ഡിതന്മാരാണ് എല്ലാം ഇതൊന്നും പോരാത്തതിന് ബ്രഹ്മജ്ഞാനവും ഉണ്ടായിരുന്നു എന്നിട്ടും എന്നെ കുറിച്ച് അറിഞ്ഞില്ല ഭൂമി കറങ്ങുന്നുള്ള വിവരം ഇതിന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കണം എന്താണ് ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മത്തിന്റെ ജ്ഞാനേ ഉണ്ടാവു വേറെ ജ്ഞാനൊന്നും ഉണ്ടാകത്തില്ല ഇവരെല്ലാം ബ്രഹ്മജ്ഞാനികളാണ് അപ്പൊ ഇവര് ഈ അബദ്ധങ്ങൾ പറയുന്നവിടെ ഭൗതികമായ ജ്ഞാനത്തിലാണ് ഭൗതികജ്ഞാനത്തിലൂടെ ബ്രഹ്മജ്ഞാനത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പം ഈ ഭൗതികമായ അറിവില്ലായ്മ വ്യാഖ്യാനങ്ങളിലും വരും അതാണ് ഈ തമസിനെ ഇത്രയിട്ട് അലക്കുന്നത് ഒരാവശ്യമുള്ള കാര്യമുണ്ട് ഉണ്ടോ ഇരട്ടിലെത്ര അഭ്യാസം കാണിക്കേണ്ട യാതൊരു കാര്യം തമപ്രകാശോ വിരുദ്ധ സ്വഭാവയോഹോ എന്ന് പറയുമ്പോൾ ഇരട്ടുകേറെ വെളിച്ചം വേറെ പിന്നെ അതിനെ കൊണ്ടുവന്ന് നിഴലും പ്രകാശമാക്കി എല്ലാം ആവശ്യമില്ലാത്ത ഈ ചർച്ചകളിലേക്ക് പോകുന്നത് എന്താണ് അന്നത്തെ ആ ഭൗതികമായ വിജ്ഞാനത്തിൻ്റെ കുറവ് അതുകൊണ്ടാണ് ഇതൊക്കെ തിരിഞ്ചർച്ച അപ്പോൾ ജോലി ഇന്നെല്ലാം ഭൗതികവിജ്ഞാനപൂർണ്ണമല്ല നമ്മൾ ആവേശമായി പറയണം അന്ന് ഇത്ര പോലും അറിയത്തില്ലായിരുന്നു ഭൂമി കറങ്ങുന്നു എന്നുള്ള അറിവ് പോലും ഇല്ലായിരുന്നു ആർക്കില്ലായിരുന്നു ബ്രഹ്മജ്ഞാനിയൊക്കെ ബാക്കിയുള്ളവരുടെ കാര്യം പോട്ടെ പാവങ്ങളുടെ കാര്യം പോട്ടെ ബ്രഹ്മജ്ഞാനികൾ പോലും ഇല്ലായിരുന്നു പ്രാഥമികമായ അറിവ് പോലും ഇല്ലായിരുന്നു അത് അംഗീകരിച്ചെന്ന് വിചാരിച്ചു ഏതെങ്കിലും നാണുക്കെടു ക്ഷീണമോ പ്രയാസമോ മനപ്രയാസമോ ദുഃഖമോ ഡിപ്രഷനോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ സ്വാഭാവികമായ കാര്യമാണ് അച്ചല അച്ചലാ ഭൂമിയുടെ പര്യായും ഡിപ്രഷനൊന്നും വരണ്ട ഇത് ഇതായിരുന്നു ഇങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു മനുഷ്യൻ്റെ ഭൗതികമായ അറിവ് ഇന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു നാളെ നോക്കുമ്പോൾ ഇന്നത്തെ കുറവായിരിക്കും അത് നമ്മൾ അംഗീകരിച്ച് വേണം പോവാൻ അംഗീകരിച്ചാൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വാശി വരത്തില്ല പറഞ്ഞെല്ലാം ശരിയാക്കണമെന്നുള്ള നിർബന്ധം ഉണ്ടാകത്തില്ല ഓരോക്കെ ഉണ്ടാവും മനുഷ്യ അറിവാർജിക്കുന്ന ക്രമികമായിട്ടാണ് അല്ല അറിവ് ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന എല്ലാം അറിവ് നമ്മൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് എൽ കെ ജി മോലെ പഠിച്ചതാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നു ഒക്കെ എന്ന് മനസ്സിലാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല പ്രായോഗികമായി ചിന്തിച്ചാൽ അദ്ദേഹം നിശ്ചല ഈ പറയുന്ന എന്താണ് നമ്മുടെ അനുഭവം പർവ്വതം ചലിക്കുന്നില്ല നീല് ചലിക്കുന്നു അനുഭവത്തിൽ നിന്ന് ചിന്തിച്ചാൽ ശരിയാണ് പക്ഷെ അവിടെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ പോരായ്മ ശരിയാ ചോദിക്കിത് എന്താണ് ഇപ്പൊ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു നിങ്ങള് ഭാരതം മുഴുവൻ സഞ്ചരിച്ചു നോക്കുക എവിടെയെങ്കിലും ചിസ് പഠിപ്പിക്കുന്നുണ്ട് എവിടെ ചെന്നാണ് ഇന്നും പഠിപ്പിക്കുന്ന രീതി തന്നെ പർവ്വതവാചലമാണ് അതുകൊണ്ടോ നൈയായികനെ പരാജയപ്പെടുത്തി ആദ്യ ഇത് പറഞ്ഞപ്പോ നിങ്ങളും ചിരിച്ചു നയ്യായികന്റെ കാറ്റ് പോയിന്ന നിങ്ങളും വിചാരിച്ചു പറഞ്ഞ അവധാണെന്നുള്ളത് രണ്ടാമതാ ചിന്തിക്കുന്നത് അല്ലേ ആണോ അല്ലേ ഇത്ര വ്യത്യാസം അതിന് ആത്യന്തികമായിട്ടത് അദ്വൈതിയുടെ വിജയവും നയ്യായകന്റെ പരാജയമല്ലേ സംഗതി ശരി അതിനുവേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നത് അതെ എന്ന് പറഞ്ഞ സംഗതി ഓക്കെ അഭിപ്രായ വ്യത്യാസം വെച്ചു ഇന്നത്തെ ഇന്ന് ഇത് പഠിപ്പിക്കുമ്പോഴും ഇതേ പറയത്തുള്ളു ഇന്ന് പഠിപ്പിക്കുമ്പോഴും ഇത് മാറ്റി പറയത്തില്ല അവിടെ പറയുന്നു അങ്ങനെ ആരും പറയത്തില്ല പർവ്വതം ചലിക്കുന്നു ആരും പറയത്തില്ല അതിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകത്തില്ല അവരെ സംബന്ധിച്ച് ഇന്നും പർവ്വതം ചലിക്കുന്നില്ല അതുകൊണ്ടാ ഇത് എടുത്തു പറയുന്നു നിശ്ചലാഹ ചലന ഉപലംഭാ തദ്വീതിയുടെ ആണോ തർക്കിന്റെ ആണോ ഒന്നും ഉണ്ടല്ല ഈ പറയുന്ന ആശയം രണ്ടുപേരും അംഗീകരിക്കുന്ന കാര്യമെന്നുള്ളതാണ് മനസ്സിലായത് അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ല പർവ്വതം ചലിക്കുന്നില്ല എന്നുള്ളത് അംഗീകരിച്ചാൽ ഈ കാര്യം ചർച്ച നടക്കും അതിനെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തത് രണ്ടാമത്തെന്താണ് പറഞ്ഞത് നിവർത്തക പ്രതിപാദ്യ അനുവിധം അതായത് തമസിന്റെ നിവർത്തകമായ പ്രദീപത്തിനനുസരിച്ച് തമസിൽ ചലന പറയുന്നു അതെന്നടുത്ത് പറയുന്നു ആലോക ആഗമനേ ഗച്ഛതി പ്രതീദേഹേ ആകച്ചതിരി പ്രതീതി അതങ്ങനെ പറയാൻ പറ്റും ആലോകത്തിന്റെ ചലനത്തെ അനുകരണം ചെയ്യുന്നു കാരണം ആലോകം വെളിച്ചവും കൊണ്ട് മുമ്പോട്ട് പോകുമ്പോ ഇരള് വെളിച്ചത്തിലെ ചലനം മുമ്പോട്ടാണ് ഇരള് പറകിലോട്ട് പോവുകയാണ് തിരിഞ്ഞു കിടന്നാലോ വെളിച്ചവും തമസ് വെളിച്ചം അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പം തമസ് പിന്നോട്ട് പിന്നോട്ട് പോകുന്നു അല്ലേ അപ്പോ വെളിച്ചത്തിന്റെ ചലനത്തെ അനുകരിക്കുന്നു എന്നെങ്ങനെ പറയാം എന്നാ വെളിച്ചത്തിന്റെ ചലനത്തെ അനുകരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല വെളിച്ചം മുമ്പോട്ട് ചെല്ലുമ്പം തമസ് പിന്നോട്ട് പോവുകയാണ് ില്ലാത്തൊരു കാര്യമാണ് ഈ പറയുന്ന മുഴുവൻ ഇരുട്ടിലവിടെ കറിയ അതില്ല എന്നാലും തർക്കം തർക്കത്തിന് വേണ്ടി പറയുകയാണ് ഇത് വല്ല കാര്യമുണ്ട് ഇരുട്ട് ചലിക്കുന്ന പറഞ്ഞു അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറയുമോ ഏ അവസാന ഉണ്ടെന്നേ പറയത്തുള്ളൂ ദ്രവ്യാകണം വേറെ ഏഹ് രക്ഷയില്ലേ ചലനം വേണം താർക്കയും പറയും ഇതിനകം വെറുതെയാണ് പറയുന്നത് ശരിയല്ല അവിടെ അഭാവമാണ് ഏഹ് താഴ്ക്കയും പറയുന്ന അഭാവം അല്ലേ അവിടെ അവിടെ എന്താ ചലനം അവിടെ ഇല്ലല്ലോ താർക്കേന്റെ അഭിപ്രായത്തി പിന്നെ നിഷേധിക്കുന്ന എന്തോന്ന് ഇല്ലാത്ത ചലനത്തെ കുറിച്ചല്ലേ അദ്വേരി പറയുന്നു മുമ്പോട്ട് പോകുന്നു പിറകോട്ട് പോകുന്നു ദ്രവ്യമല്ല എന്ന് താർക്കീന് തെളിയിക്കാൻ വേണ്ടി ചലനമില്ലാന്ന് എങ്ങനെയെങ്കിലും തെളിയിക്കാൻ പാടില്ലേ ദ്രവ്യമല്ലോ നമുക്ക് അഭാവത്തിൽ എങ്ങനെയാ ചലനം വരുന്നോ പിന്നെ ദ്രവ്യമല്ലെന്ന് പറയുക എന്നിട്ട് അല്ല അതില് താർക്കീം പറയുന്ന യുക്തികളെല്ലാം പറയുമ്പോൾ അദ്വേരി എന്ത് പറയുന്നു ദ്രവ്യമാണെന്നോ താർക്കെയും വളരെ സിമ്പിളായി പറഞ്ഞു ഇത് അഭാവമാണ് എന്തുകൊണ്ട് വെളിച്ചം കൊണ്ട് അല്ല ഇതിനെ കാണുന്നത് ഇല്ലേ അപ്പോൾ പറയുന്നത് ദ്രവ്യമാണ് ഇത് കാണുന്നത് അഭാവം കൊണ്ടാണ് കാണുന്നത് അവിടെ അഭാവമുണ്ട് വെളിച്ചം വേണ്ട ഇങ്ങനെയൊക്കെ പറയുന്നത് വരും വാദമൊന്നുള്ളതിനെപ്പറിയതിനക തീ പറയുന്ന വ്യക്തികളൊന്നും ഒരു കുഴപ്പമില്ല ബദ്ധം പറ്റിയതാണ് അതായത് ആദ്യത്തെ ആദ്യം ഇതിനെ പദാർത്ഥമാക്കിയില്ല അല്ല അവര് പറയുന്ന പദസ്യ അർത്ഥ പദാർത്ഥം അവർ പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ദ്രവ്യ ഗുണങ്ങളിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല അഭാവം എന്ന് പറയുന്ന ഒരു പദത്തിന്റെ അർത്ഥമല്ലേ അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ അഭാവം പറയുന്ന ഒരു പദത്തിന്റെ അർത്ഥമാണ് അത്രേ അവർ പിന്നെ അവർ അവർക്കുമുണ്ട് എന്താണ് അവർക്ക് വന്ന അബദ്ധമെന്ന് ചോദിച്ചാൽ അഭാവം ഒന്നൊരു പദാർത്ഥമാണ് അവർ അധികരണത്തിയിരിക്കുന്നു അധികരണമായിട്ട് സ്വരൂപസംബന്ധമാണ് അത് ഭാവത്തിൽ നിന്ന് ഭിന്നമാണ് ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് ആണ് അവർക്കും കുഴപ്പമാണ് ഭാവഭിന്നമായ അഭാവം എന്ന് പറയുന്നു ഭിന്നമായ അഭാവം അഭാവം എന്ന് പറയുമ്പോ അതിനൊരു അസ്തിത്വത്തെ കല്പിച്ചു അവര് അത് ഒരധികരണത്തിൽ സ്വരൂപസംബന്ധ തീരിക്കുന്നു അതും ചിന്ത കടന്നുപോയി അത് ഇത് പറയുന്നത് വെറും പൊട്ടത്തിലാണല്ലേ തമസ് ചലിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചൂടുണ്ട് തണുപ്പുണ്ടെന്നൊക്കെ ഇന്നത്തെ കാലത്ത് ആരേലങ്ങി തർക്കത്തിലൂടെ ഉം എങ്ങനെ നിഷേധിച്ചാൽ അംഗീകരിക്കണ്ടേ നിഷേധിച്ചാ പറ നിഷേധിച്ചാൽ അംഗീകരിക്കേണ്ടേ ഞങ്ങൾ പറഞ്ഞാണ് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും നിഷേധിക്കാൻ ആദ്യത്തെ ഇട്ട് നിഷേധം മതി എന്താണ് ഇത് പ്രകാശത്തിൻ്റെ അഭാവമാണ് നല്ല ഇതൊരു ദ്രവ്യമാണ് രൂപമുള്ള ദ്രവ്യമാണെങ്കിൽ പ്രകാശം കൊണ്ട് കാണും പിന്നെ എന്താണോ തമസ് അതിനെക്കുറിച്ച് അവസാനം നെളും തമസ്സായി നെള്ളും ഒരു തമസാണ് അവിടെ നിന്നും ചർച്ച ചെയ്യാനേ പറ്റത്തില്ല എന്താണ് അപ്പോ നെള്ളങ്ങനെയാ നെള്ളും തമസ് എന്ന് പറയുമ്പോൾ അവിടെ വെളിച്ചുകൊണ്ട് അല്ലേ നേഴിലും വെളിച്ചുമായിരിക്കുന്നു അതാണോ തമസ് അപ്പോൾ ഇത് വെളിച്ചത്തിന്റെ എന്താണ് ആപേക്ഷികമായ കുറവനുസരിച്ച് ആണ് നമ്മൾ തമസ്സാ തമസ്സെന്ന് പറയുന്ന വെറും ഭൗതികമായൊരു സംഗതി മാത്രമല്ല നമ്മുടെ കാഴ്ചയെക്കൂടെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് നമ്മുടെ കണ്ണിനെ കൂടെ ആശ്രയിച്ചാണ് തമസ് നിൽക്കുന്നത് അല്ലാതെ എന്താണോ ഒന്നുമല്ല ഫോട്ടോൺ സഹകരണം ചെയ്യുമ്പോൾ ആണ് തമസ്സെന്ന് പറയുമ്പോൾ ഈ പറയുന്നതായിട്ടൊക്കെ എന്താ ബന്ധം അത് എങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് രൂപമുണ്ട് അതിന് വെളിച്ചം വേണ്ട എന്നാ എന്താണ് അവര് തന്നെ പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവമാണ് അവിടെ പിന്നെ ഏതാ പിന്നെ വെളിച്ചത്തിന്റെ അഭാവം വെളിച്ചത്തിന്റെ അഭാവം പിന്നെ ഏതാണ് വെളിച്ചത്തിന്റെ അഭാവമാണ് തമസിനെ വ്യഞ്ചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ വെളിച്ചത്തിന്റെ അഭാവം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയും വെളിച്ചത്തിന്റെ അഭാവത്തെന്താണ് പറയുന്നത് തമസ് വേറെ ഒരു പദാർത്ഥമാണ് എന്നെ അവര് പറയുന്നു പിന്നെ അവിടെ വെളിച്ചത്തിന്റെ അഭാവമുണ്ട് അപ്പോൾ രണ്ടുണ്ട് വെളിച്ചത്തിന്റെ അഭാവമുണ്ട് അവിടെ തമസുമുണ്ട് അപ്പൊ ആ വെളിച്ചത്തിന്റെ അഭാവം തമസിനെ വ്യഞ്ചിപ്പിക്കുന്നു എന്നാണ് ചക്ഷേന്ദ്രിയം വേണ്ട അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും തമസിനെ കാണുന്നിടത്തും നമുക്ക് വെളിച്ചം വേണം അത് വേറെ ഒന്നും നേരിലാണെങ്കിൽ അവിടെ വെളിച്ചം കൊണ്ടല്ലേ വെളിച്ചമില്ലാതെ കാണുന്നു താർക്കീയം പറയുന്നത് ആർക്കും മനസ്സിലാവുന്ന കാര്യ തർക്കത്തിൽ പോകുമ്പോഴല്ലേ മനസ്സിലാകാത്തത് വെളിച്ചത്തിന്റെ അഭാവം എന്ന് പറയുമ്പോൾ വെളിച്ചം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണിന് കാണാനുള്ള ശക്തി കുറയും കണ്ണ് കാണുന്നില്ല അപ്പൊ കണ്ണ് പ്രവർത്തിക്കുന്നില്ല അതവിടെ സംഭവിക്കുന്നുണ്ട് വെളിച്ചത്തിന്റെ അഭാവം കുറയുന്നത് വെളിച്ചവടം ഉണ്ടെങ്കിലും നമ്മൾക്ക് എന്താണോ എന്താണോ അതുകൊണ്ടാണോ പറയുന്നത് അബ്സെൻസ് ഓഫ് റീസണബിൾ ലൈറ്റ് എന്നൊക്കെ പറയുന്നതാണ് അതാണ് ഇരുട്ടെന്ന് പറയുന്നത് അല്ല വെറുതെ വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എത്രമാത്രം വെളിച്ചത്തിന്റെ അഭാവം എന്ത് പ്രവർത്തിക്കുന്നു ഇതൊക്കെ പറയുന്നത് അന്നത്തെ ഒരു പദാർത്ഥ വിജ്ഞാനം വെച്ചുള്ള കേവലം അതൊരു വരും തർക്കം ഒരു പദാർത്ഥത്തെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് ഇനി തമസ്സെന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ തർക്കത്തിലൂടെ തീരുമാനിക്കാൻ പറ്റും പറ്റില്ല പിന്നെ ആർക്കും പറയുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു യുക്തി ഉണ്ട് എന്താണ് വെളിച്ചത്തിന്റെ അത് എന്താണ് റീസണബിൾ ആപ്സൻസാണ് എന്ന് പറയുമ്പം വെളിച്ചം എത്ര എത്ര കുറഞ്ഞു കുറഞ്ഞു വരുന്നോ അതനുസരിച്ച് അപ്പം നെളിനെയും നമുക്ക് എടുക്കാം എന്തുകൊണ്ട് അവിടെയും വെളിച്ചത്തിന്റെ കുറവുണ്ട് പിന്നെ അത് ഏതുവരെ പോകാം ഒരു പരിധി കഴിഞ്ഞാൽ അത് മാത്രമല്ല ഈ വെളിച്ചത്തിന്റെ അഭാവം കൊണ്ട് മാത്രമല്ല വെളിച്ചം കൂടിയാലും നമുക്ക് ഇരുട്ടാണ് വെളിച്ചം കൂടിയത് കൊണ്ട് അവിടെ വെളിച്ചം ഇല്ലാത്തതുകൊണ്ടല്ല വെളിച്ചം കൂടിയുകൊണ്ട് ഇരുട്ടാവുന്നു ചക്ഷേന്ദ്രം പ്രവർത്തിക്കത്തില്ല അപ്പൊ വെളിച്ചം കുറയുന്നു മാത്രമല്ല ഇരുട്ടെന്ന് കുറയും കണ്ണിന് ടോർച്ച് അടിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ടാണ് അപ്പൊ ഈ പറയുന്ന അതുകൊണ്ട് ഈ ചക്ഷേന്ത് കൊണ്ട് കാണുന്ന ഒന്നാണ് വിളിച്ചൊന്നും അതിന്റെ അഭാവം ഇരുട്ടെന്നും പറയുന്നു അപ്പൊ അവിടെ ചക്ഷിന്തിയത്തെ കൂടെ എടുക്കണം അതിനെ കുറേ ചേർത്ത് ചിന്തിച്ചാല് നമുക്ക് പറ്റില്ല വസ്തു വെളിച്ച ത്യാഗരണം ചെയ്താൽ നമുക്ക് ഇരുട്ടായിരിക്കും ഇവിടെ വെളിച്ചെടുത്ത് കഴിഞ്ഞു ഇരട്ടനുഭവപ്പെടും അതുകൊണ്ടീ പറയുന്ന ഒരു കാര്യമില്ലാത്ത കാര്യമാണ് കുറെയെങ്കിലും നമുക്ക് അറിയിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് വെളിച്ചം കുറയുന്നതനുസരിച്ച് ഇരട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് യുക്തിക്ക് സ്വീകരിക്ക അടുത്തത് ഭാഗികമായി പിന്നെന്താണ് സാക്ഷിവേദ്യം തേ ക്ഷം പുനഃവൈഭം അവസാനം പറയുന്നതാണ് ഇത് തമസിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ചാക്ഷോ എന്ന് പറഞ്ഞു അല്ലേ പറഞ്ഞാലും നിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് പറയുന്നു ഇതെല്ലാം ആചാര്യന്റെ യുക്തി വൈഭവം കൊണ്ട് പ്രകടിപ്പിച്ച കാര്യമാണ് അപ്പം യുക്തിവൈഭവം കൊണ്ടൊരു കാര്യത്തെ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വസ്തു യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല കേവലം ഒരാൾ ബുദ്ധിവൈഭവം കൊണ്ടൊരു കാര്യത്തെ സമർത്ഥിക്കുന്നു അങ്ങനെ സമ്മർദ്ദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് വസ്തു യാഥാർത്ഥ്യമായിട്ടുള്ള വസ്തു യാഥാർത്ഥ്യമായിട്ട് അതിനെ പൊരുത്തപ്പെടുത്തണം അനുഭവത്തിന് നിരക്ക് അനുഭവം എന്ന് പറയാൻ പറ്റില്ല അനുഭവം എന്ന് പറയുന്നത് പിന്നെ ഒരു പരിധി വരെയുള്ളു നമ്മളനുഭവില്ലാത്ത കാര്യങ്ങളിലെ പരമാണുക്കളെ കുറിച്ച് എന്തനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ എന്തനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ പ്രത്യക്ഷമെന്ന് പറയാൻ പറ്റില്ല ഇന്ദ്രിയ പ്രത്യക്ഷത്തിന് അതീതമായ കാര്യങ്ങളും ശാസ്ത്രത്തിന്റെ വിഷയമാണ് അപ്പോൾ അത് കേവല യുദ്ധ ഇവിടെ പറയുന്ന എന്താണ് തമസ് ഞങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് എന്താണ് സാക്ഷി വേദ്യ എന്നാ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും വാദപ്രതിവാദം നടത്തിയത് ആശാന്റെ ബുദ്ധിയെ കാണിക്കാൻ വേണ്ടിയിരുന്നു ആശാൻ ഇത്രയും ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാക്കാൻ അപ്പൊ ഈ ബുദ്ധിയെ കാണിച്ച മനുഷ്യനെ ഇത്രയും ആചാര്യോ അസാധയത് ഈ മല്ലന്മാരൊക്കെ അല്ല ഈ ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ച ആണെന്ന് സ്വയം തന്നെ സമ്മതിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് കേവലം ബൗദ്ധികമായ ചിന്തയിലൂടെ അതിനാണ് പറയുന്നത് കേവലമായൊരു തിയറി നിങ്ങളെ പറയാം പക്ഷെ അത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച് പ്രായോഗികമാക്കണം എന്നാൽ അതിന് അംഗീകാരം കിട്ടും അങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് അങ്ങനെ തെളിയിച്ചു തരണം തെളിയിച്ചു തരാത്തിടത്തോളം കാലം കേവലൊരാശയം അപ്പം ഇതൊരാശയമാണ് ഇനി ഇത് ഒരിക്കലും ബുദ്ധി വിഭവത്തിലൂടെ ഇത് സമ്മർദ്ദിക്കാൻ പറ്റില്ല ബുദ്ധി വിഭവത്തിലൂടെ ഇത്രയേ ഉള്ളൂ തർക്കവിതർക്കങ്ങൾ നടക്കും പിന്നെ പ്രായോഗികമായിട്ടാ പറയുന്നതിന് ഇതിപ്പോൾ എന്താണ് ചെയ്യുന്നത് വാദപ്രവാഹത്തിൽ എന്താ ചെയ്യുന്നത് ആത്യന്തികമായി സംഭവിക്കുന്നത് എന്താണ് ഒരു പക്ഷം ഒരാൾ ജയിക്കും വേറെ ആൾ തോക്കും ഭൗതിക യാർഥ്യങ്ങൾ അങ്ങനെയല്ല അംഗീകരിക്കും അത് ഒരാൾക്ക് ബോധ്യപ്പെട്ട ലോകത്തുള്ള ആർക്കും അത് ബോധ്യപ്പെടണം അങ്ങനെ തെളിയിക്കണം അപ്പം പരീക്ഷണങ്ങളിലൂടെ അത് തെളിയിക്കണം അപ്പതെല്ലാവർക്കും ബോധ്യപ്പെടണം ആർക്കും ആ അപ്പോൾ ഇതാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാമെന്നിടത്തോളം ഈ ഭൗതികമായ യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് പറയുന്നു അപ്പൊ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഒരാൾ ആവിഷ്കരിച്ചു ശരി അങ്ങനെ ആവിഷ്കരിച്ച കാലത്ത് അത് തെളിയിച്ചില്ല പിൽക്കാലത്ത് ശാസ്ത്രം വളർന്നു കഴിഞ്ഞപ്പം അത് വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തു ഇതാണ് സംഭവിക്കുന്നത് അന്ന് അത്രയും കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല പിൽക്കാലം തെളിയിച്ചു ആ തെളിയിക്കുന്നത് വരെ അത് കേവലം ഒരു തീറി അല്ലാതെ ഇത് ഒരു തീറി വിറയുക വാദപ്രതിവാദം നടത്തുക എന്നിട്ടൊരാളെ ജയിക്കുക തോക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ശാസ്ത്രമാകത്തില്ല അതിന് ഇന്ന് ശാസ്ത്രം ഒന്നും അംഗീകരിക്കില്ല പണ്ടങ്ങനെ അംഗീകരിച്ചു ശാസ്ത്രമുണ്ട് എന്തുകൊണ്ട് തെളിയിക്കേണ്ട ബാധ്യത ഏഹ് ഇന്ന് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്ന വിചാരണത്തുടർന്ന് ആൾക്കാർ അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നു പരിശോധിച്ചിട്ട് അവർ അന്വേഷണം നടത്തും സാധ്യത ഉണ്ടെങ്കിൽ തള്ളിക്കളയി അതിനുമുമ്പെറ്റാൻ ചിലപ്പോ അത് തെറ്റാണെന്ന് തെളിയി തെറ്റാണെന്ന് തെളിയിച്ച ഇതുപോലെ ആയി പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അതിനെ ബോധ്യപ്പെടുത്തണം അതിന്റെ പ്രായോഗികത കാണിച്ചു കൊടുക്കണം എന്നുവെച്ചാത് ഒരാൾക്ക് ബോധ്യപ്പെട്ടാ പോര എന്റെ ബുദ്ധിക്ക് ബോധ്യപ്പെട്ടാ പോരാ വിനയോ ഏ സാമാന്യമായി ആധുനിക സയൻസിന് പിന്നെ ഒരുപാട് സിദ്ധാന്തങ്ങൾ അതായത് തെളിയിച്ചിട്ടില്ല തെളിയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഒരു ഒരു സാധ്യത ആണ് പറയുന്നത് അപ്പം നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം മോണോ മാഗ്നറ്റിസം ഇതുവരെ തെളിയിച്ചിട്ടില്ല അതായത് ഒരു മാഗ്നറ്റിക് ബാറെ എടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ അതിൽ സൗത്തിനും നോർത്തും പോകണം വീണ്ടും മുറിച്ചാൽ സൗത്തും നോർത്തും പോകണം അപ്പോൾ എന്താണ് ഒരു സൂപ്പർ സ്റ്റിങ് തിയറി എന്ന് പറഞ്ഞൊരു തിയറിയാണ് ആ തീയറി പറയുന്നത് അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഒരു പോള് മാത്രമായി നിൽക്കുന്നു ഒറ്റപ്പോളായി നിൽക്കും അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നു ഇതുവരെ തെളിയിക്കിട്ടില്ല അത് തെളിയിക്കാൻ സാധ്യമല്ല എന്നൊരു വിഭവം തെളിയിക്കാൻ പറ്റുമെന്നൊരു വിഭവം എന്തെങ്കിലും തെളിയിച്ചാൽ ഇതുപോലെ ആധുനിക ശാസ്ത്രത്തിൽ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിന്തി ചിന്തിച്ച് പോകും ഇതുപോലൊരു പരിപാടിയായിരുന്നു ഇതൊരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല അത് അതുകൊണ്ട് അത് തന്നെ അംഗീകരിക്കുന്നത് എന്താണ് സ്വവിഭാവൻ യുക്തി വൈഭവത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്ത് നമ്മളെത്ര ദിവസം നമ്മൾ മെനക്കെടുത്തി പറഞ്ഞിരുന്നെങ്കിലും പിന്നെ ഇതുകൊണ്ടൊരു ഗുണമുണ്ട് എന്താണ് മനസ്സിലാക്കാം അവിടെ ചിന്താരീതി മനസ്സിലാക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഒരു കാര്യത്തെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എങ്ങനെയാണ് ഒരു കാര്യങ്ങളുടെ കൺക്ലൂഷനിൽ എത്തിച്ചേരേണ്ടത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനു സഹായിക്കും വെറുതെ എന്തെങ്കിലും കേൾക്കുമ്പം ഭടരാഭണ എന്ന് പറയാതെ ചിന്തിക്കുന്നതിൻ്റെ വഴി മനസ്സിലാവും അതിനൊരു ഗുണം ചെയ്യും അതുകൊണ്ട് ഇതെന്ന് പറയുന്ന ഇത് പറഞ്ഞൊക്കെ ശരിയാണെന്നുള്ള ധാരണയൊന്നും വേണ്ട ഇതൊരു ചിന്താ രീതി ഇതില് അബദ്ധങ്ങളുമുണ്ട് ശരിയായ കാര്യങ്ങൾ രണ്ടും ഉണ്ട് കൂടുതലും സ്വീകരിക്കാവുന്ന എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ആധുനികമായ ഇത്രയും എത്ര നൂറ്റാണ്ടു മുമ്പായത് ചിന്തിച്ച ഇത് ശരിക്കും ചിന്തിക്കുന്നത് മീമാംസകരെന്നാണ് ീമാംസകൻ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുമാരനെ ഭട്ടനു ശേഷമേ വഴിയുള്ളൂ എങ്ങനെയാലും ഒരു ആയിരം വർഷം മുമ്പ് ചിന്തിച്ച കാര്യമാണ് ഭൗതികമായ ശാസ്ത്രത്തിന് എന്തുമാത്രം മാറ്റങ്ങൾ സംഭവിച്ചു അതിന് ശേഷം അപ്പോൾ ഇത്തരം ഭൗതികമായ വിഷയങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് അതുകൂടെ കണക്കിലെടുത്ത് ഇന്ന് മനുഷ്യൻ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൂടി പരിഗണിക്കണം അത് അവസാനമായതുകൊണ്ടല്ല പക്ഷെ അത് പരിഗണിക്കാതെ ഇതിനെക്കുറിച്ച് പഴയ കാര്യങ്ങളങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആയി കഴിഞ്ഞാൽ കേവലം ഒരു സിദ്ധാന്തമായും കഴമ്പില്ലാത്ത സിദ്ധാന്തമായും ഇന്ന് നിൽക്കുന്നതുകൂടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ ചിന്തിച്ചിരിക്കുന്നത് അതുകൂടെ ഉൾക്കൊള്ളണം പക്ഷെ നമുക്കത് പ്രയോജനിച്ചിരുന്ന ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്വൈതം എന്താണ് അതല്ല ആ പോരായ്മകൾ എന്തുകൊണ്ടവരിങ്ങനെയൊക്കെ പോയി മീമാംസകർ തുടങ്ങി വെച്ചാണ് ഈ ചർച്ച എന്നാ പറയുന്നത് എവിടെ തുടങ്ങി എന്നുള്ളത് എനിക്കറിയിട്ടില്ല അങ്ങനെയാണ് ഇവിടെ എല്ലാം പറയുന്നത് മീമാംസകർ തുടങ്ങി വെച്ച് തമസദ്രവീയമാണ് പക്ഷേ ഈ ചർച്ച മുഴുവൻ പോകുന്ന മീമാംസകരുടെ സിദ്ധാന്തമനുസരിച്ചല്ല താർക്കികരെ പൂർവ്വപക്ഷമാക്കിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് താർക്കികരുടെ പദാർത്ഥ വിഭജനം മനസ്സിവെച്ചുകൊണ്ടാണ് ചർച്ച ംസർ ഇവിടെ ഏതുവരെ ഇത് ഏതുവരെ ചർച്ച കൊണ്ടുപോയി അവരുടെ ചർച്ചയൊന്നും ഒരിടത്തും കാണുന്നുമില്ല എവിടെ തമസിനെക്കുറിച്ച് ചർച്ച വന്നാലും പൂർവ്വകക്ഷിയാരായിരിക്കും അതെ സഭയിൽ ഇറങ്ങി പത്ത് വർത്തമാനം പറയാൻ അവർക്കറിയാവൂ വേറെ ആർക്കും അറിയില്ല അവരാണ് പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ശരിക്കും ഈ പ്രാചീനമായ പദാർത്ഥ വിഭജനം എന്ന് പറയുന്നത് ഇവിടെ ചിന്തിച്ചിട്ടുള്ളത് കാർക്കിയന്മാരെയാണ് ശരിയായ രീതി അവരാണ് അത്രയും ആഴത്തിലാരും ചിന്തിച്ചിട്ടില്ല അവിടെയൊന്നും എത്തിയിട്ടില്ല തർക്കികന്മാരുടെ അടുത്തൊന്നും എത്തിയിട്ടില്ല കാരണം അവരുടെ ആ ദ്രവ്യ ഗുണകർമ്മ സാമാന്യ വിശേഷ സമവായം എന്നുള്ള രീതിയിലുള്ള അവരുടെ ആ ഒരു വിഭജനം അന്നത്തെ മോഡേൺ സയൻസായിരുന്നു ആ കാലഘട്ടത്തിന്റെ യാതൊരു സംശയമില്ല പിന്നെ ശാസ്ത്രം വളർന്നല്ലോ അപ്പോ ഈ പറയുന്ന കാര്യത്തിൽ തന്നെ എന്താ ഒരു പറയുന്നത് ആലോക ആഗമനേ പ്രതീദേഹേ വെളിച്ചം കൊണ്ടുവരുമ്പോ ഗായ പോകുന്നു എന്ന് പ്രതീക്ഷി ഇരട്ടിനെ കുറിച്ചുള്ള ചർച്ച ഛായയിലേക്ക് പോകുന്നത് എന്ന് അത് കോഫിയെ കുറിച്ച് ചിന്തിച്ചിട്ട് ടീ പോകുമ്പോലെ ആയിപ്പോയി ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ ഇരുട്ട് വേറെയാണ് നിഴല് വേറെയാണ് രണ്ടിനും വ്യത്യാസമുണ്ട് നമ്മൾ ഇരുട്ടെന്ന് പറയുമ്പോൾ വിളിച്ചില്ലെങ്കിലേ നമ്മൾ ഇരുട്ടെന്ന് പറയും അത് നമ്മൾ നിഴലെന്ന് പറയും പറയത്തില്ലല്ലോ അപ്പൊ അതിനെ എടുത്ത് പറയുമ്പോൾ തന്നെ അവിടെ വഴിതെറ്റി എന്താണ് എന്നിട്ട് പിന്നെ അത് ഭാവമാണോ അഭാവമാണോ നെഴലിന് ഒരു ചന്ത പറയാൻ പറ്റുന്നു അവിടെ വിളിച്ചുകൊണ്ട് കുറവാണോ താരതമ്യേ സാധിക്കുള്ളൂ തിരിച്ചറിയാമോ അപ്പുറത്ത് വിളിച്ചില്ലെങ്കിൽ അറിയാൻ പറ്റില്ല വിളിച്ചത്തെ മാത്രം ആശ്രയിച്ചോളാണ് പ്രതീത ഗമനേ ആകച്ചതീതി പ്രതീക്ഷ ഇനി ഈ പറയുന്നത് ശരിയാണ് ഈ പറയുന്നതല്ല എന്താണ് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന അറിവും പ്രാഥമികമായി യുക്തി വെച്ച് പറയുന്ന അതിനപ്പുറം അതിന് ഇല്ല വരുമ്പോ ഗമനയിച്ചാകച്ചു തീരി പ്രതീതി വെളിച്ചം കൊണ്ടുപോകുമ്പോൾ വെളിച്ചം കടന്നുപോയാൽ നിന്ന് വിരള് വരുന്നു പ്രതീതി ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ പറയുന്നതാണ് വിരോധിത്വാച്ഛ അത് അനുവിധാന അനുപ്രത്യഹി പറയുന്നു വെളിച്ചത്തിൽ ഇരൾ നശിക്കുന്നു അല്ലേ വെളിച്ചത്തിൽ ഇരള നശിക്കുന്നു അങ്ങനെ നശിക്കുന്നിടത്ത് പിന്നെ എങ്ങനെയാണ് അനുവിധാനം എന്ന് ചോദിക്കുകയാണ് വെളിച്ചത്തിൽ ഇരൾ നശിക്കുകയാണെങ്കിൽ എങ്ങനെ വെളിച്ചത്തിൻ്റെ ക്രിയയെ അനുവിധാനം ചെയ്യും എന്നാൽ ഇവർ ഇത് പറയുന്നു വെളിച്ചത്തിൽ പുരുകയും നശിക്കുന്നു അങ്ങനെയാണി പിന്നെ നിഴലിൽ എന്താ നിഴലി ഇരളന്നല്ലേ പറയുന്നു അപ്പൊ പിന്നെ അവിടെ എന്താ വെളിച്ചത്തിൽ ഇരള നശിച്ചു അനുസമാനം പറയും അപ്പോ അവിടെ വെളിച്ചവും കാണുന്നുണ്ട് ഇരളും കാണുന്നുണ്ട് അപ്പൊ അവിടെ പറയാമല്ലോ വെളിച്ചത്തെ ആശ്രയിച്ച് നിഴലിൽ ചലനം ഉണ്ടെന്ന് പറയുന്നതിനെന്താ കുഴപ്പം ഇപ്പൊ ഒരു ഭാഗത്ത് പറയുമ്പം പറയുമെന്താണോ വിരോധിയാണ് എവിടെ കടുത്ത ഇരുട്ടും കടുത്ത വെളിച്ചം പറയും നിഴിന്റെ കാര്യം പറയുമ്പോ എന്താ പറയുന്നത് ഏ നിഴിക്കുമ്പോ അവിടെ എന്താ നശിക്കുന്നു പറഞ്ഞ അവിടെ നശിക്കണ്ടേ ഇരുട്ടെ നശിക്കുന്നില്ലല്ലോ കാണുന്നുണ്ടല്ലോ അപ്പൊ ചലനം നെഴു ചലിക്കുന്നതാണെന്നുണ്ടല്ലോ ചെൽ വെളിച്ചത്തിനനുസരിച്ച് അവിടെ ചലനം ഉണ്ടല്ലോ അതെങ്ങനെയായിക്കൊള്ളോട്ടെ ക്രിയ അനുകൂലം തന്നെ ആയിരിക്കണമെന്നുണ്ടോ അപ്പോ ഇത് ഇന്നത്തെ രീതിയിലും ഇത് യാതൊരു മൂല്യമുള്ള കാര്യങ്ങളല്ല ഈ ചർച്ച ഇതൊരു കാര്യമുള്ളതല്ല ഒന്ന് പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന ചില ഭൗതിക യാഥാർത്ഥ്യങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒന്നും മനുഷ്യന് ബോധമില്ലായിരുന്നു ഏഹ് ഇതൊക്കെ ന്യൂട്രോണിക് ഫിസിക്സിനൊക്കെ മുമ്പുള്ളതാണ് അവിടെ നിന്ന് വേറെ ഒക്കെ വന്ന മാറ്റങ്ങൾ അതൊന്നും അതൊക്കെ ശാസ്ത്രത്ത് വലിയ മാറ്റം വന്നാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതിനൊക്കെ ചോദ്യം ചെയ്താലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് വരുന്നത് പല ശാസ്ത്ര വികാസങ്ങൾ സംഭവിച്ചിട്ടുള്ളു അപ്പോ അതുകൊണ്ട് ഇന്നത്തെ തലത്തൊക്കെ ചിന്തിക്കാന്ന് പറഞ്ഞാൽ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാന്നുള്ള അല്ലാതെ ഇതിലൊന്നും യാതൊരു കാര്യമില്ല ഈ പറയുന്നത് അനുവിധാന അനുപത്തെഹേ വിരോധിയായ കൊണ്ട് അനുവിധാനം നടത്തിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് വാസ്തവത്തിൽ തമസം എന്ന് പറയുന്നത് ഇരുട്ടാണോ നിഴലാണ് അതാദ്യം വ്യക്തമാക്കും ഇരുട്ടാണ് തമസം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് നിഴലിൽ പോവും നിഴലാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ എവിടേക്ക് പോവും ഇരുട്ടിപ്പോവും തമസ് വെളിച്ചം കൊണ്ട് നശിക്കുന്നുവെന്നും പറയുന്നു വെളിച്ചം കൊണ്ട് നശിച്ച പിന്നെ നിഴലിൽ എന്താ സംഭവിക്കുന്നത് ഇത് അദ്വൈതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിവരണകാരൻ വിവരണകാരനാണ് ഇത് കൊണ്ടുപോകുന്നത് ഒരു ദണ്ഡായമാനമായ ഒരു അവിദ്യ സ്വീകരിക്കണം നീണ്ട ഒരു അവിദ്യ ഒരു സാധനം അത് അഭാവഭിന്നവുമായിരിക്കണം ഏറ്റവും രസകരമായ കാര്യം വരണത്തിൽ ചർച്ച ചെയ്യുന്നതാണ് ചില ആൾക്കാർ അവിദ്യയെക്കുറിച്ച് അവിദ്യ വിപരീത ജ്ഞാനമാണെന്നും അത് ജ്ഞാനാഭാവമാണെന്നും പറയുന്നുണ്ട് അത് ശരിയല്ല എന്നാണ് എന്ന് പറഞ്ഞവിടെ പറയുന്നു ആരായി ചില ആൾക്കാർ ഭാഷകാരനെയാണ് ഖണ്ഡിക്കുന്നത് പൂർണമായിട്ടും അല്ല ഭാഗികമായിട്ട് അവിടെത്തന്നെ ചർച്ച എന്ത് ചെയ്തു വഴിമാറി ഭാഷത്തിൽ വന്നു ഭാഷ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടോ ഈ തോമസ് എന്താണെന്നുള്ള ഒരു ചർച്ചയുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് ഭാഷ്യത്തിൽ നിന്നവർ മാറിപ്പോയി വഴിതിരിഞ്ഞ് സഞ്ചരിച്ചു what is hmm no hmm hmm that is <laughs> a that is <laughs> a that is a that is a that is a so you know so many new subjects are there those are not discussed in the bhashiva Hmm? no vaachikara used that word tamas not particularly said about anything about tamas he used that word inna gunam enna arthathile charcha undallo eh samo gunathinte charcha undallo adha ingane samo gunathinte charcha undallo adu vere aanu yende samo tamas tamo gunam that is different ലൈക്ക് ദിസ് ദർ ഇസ് നോ ഡിസ്ക്ഷൻ ഇൻ ഭാഷി ലൈക് ദിസ് വേണമെങ്കിൽ അന്തം തമ പ്രതിസന്ധി അതിൽ പറയാമായിരുന്നു അല്ലെ അന്തം തമിഴ് അല്ലെ എത്രയോ സ്ഥലത്ത് അവിദ്യക്ക് തമസം ഉള്ള വേട് ഉപയോഗിച്ചിരിക്കുന്നു തമസ്സെന്ന് പറയുന്ന അവദ്യക്ക് വേണ്ടി ഭാഷക്കാരുടെ ഒരു കൂടുതൽ സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് തമോവത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയില്ല അതുകൊണ്ട് ഇതാവശ്യമില്ലാത്തതാണ് ദീസ് ആൻ ഡിസ്കഷൻ ഹിയർ എന്ന് മനസ്സിലാക്കേണ്ടത് ഭാഷയത്തിന്റെ ന്യൂനതയല്ല